അധ്യായം നൂറ്റിയാറ് മക്കയിൽ അവതരിച്ചത് മക്കയിലെ പ്രമാണികളായിരുന്ന കുറൈഷ് ഗോത്രത്തിന് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരനുഗ്രഹത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ പേരിന് നിദാനം ഗോത്രത്തെ കൂട്ടിയിണക്കിയതിനാൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ കൂട്ടിയിണക്കിയതിനാൽ ഈ ഭവനത്തിന്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ അതായത് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിന് പകരം സമാധാനം നൽകുകയും ചെയ്തവനെ